അനുഭൂതി വരുമ്പോൾ കവിത വരും അത് മനോഹരമായി എഴുതിയിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ടാണ് വാസന അനുഗുണമായി വരുന്ന ആയിരത്തിലൊരാൾക്ക് മാത്രം അനുഭവവേദ്യമാകുന്ന മനുഷ്യണം സഹസ്രേഷു കശ്ചിത്യതീ സിദ്ധയെ ആ സത്യത്തെ അനുഭവവേദ്യമാക്കാത്തവർ അന്ധനാനയെ എന്ന പോലെ വർണ്ണിച്ച് സിദ്ധാന്തജാഢ്യമുള്ള അനേകം പ്രപഞ്ചങ്ങളെ പ്രതിഭയിൽ സൃഷ്ടിക്കുന്നു പഠിക്കാൻ പോയാലും ഗതി അവിടെയും നമുക്ക് കഥകളൊക്കെ പറഞ്ഞു തന്ന് പ്രതിഭാപ്രധാനങ്ങളായ ലോകങ്ങളെ സൃഷ്ടിക്കും ഇതിനെ വിഷയലോകങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒട്ടനേകം പേരുണ്ട് സമാധിയുടെ അനുഭവത്തെ വിഷയസുഖങ്ങളുടെ പ്രതിഭാപ്രധാനങ്ങളായ ലോകങ്ങളോടുപമിച്ച് പ്രതിഭയെ വർദ്ധിപ്പിച്ചിട്ടുള്ള ആധുനികരായ ഒട്ടനേകം പേരുണ്ട് അപ്പോൾ ആസ്വാദനം ഉണ്ടാവും ഇതുപോലിരിക്കേണ്ടി വരില്ല അപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ വേറെ ഒരായിരം പോകുന്നതിന് മുമ്പുള്ള വിഷയങ്ങളുടെ കൂടെ ഒരു ആയിരം വിഷയവും കൂടെ അതാണ് പ്രശ്നം വരിക അങ്ങനെ വരാതിരിക്കണം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ആ പ്രപഞ്ചങ്ങളെ പ്രതിഭയിൽ സൃഷ്ടിക്കാതിരിക്കണം അതുകൊണ്ട് ചിന്തയ്ക്ക് സാരള്യം വേണമെങ്കിൽ ആദ്യം തന്നെ ബാഹ്യാർത്ഥവാദത്തെ സ്വീകരിക്കണം ബാഹ്യപ്രപഞ്ചമുണ്ട് ഇതുള്ളതാണ് ഇതാ ഞാൻ തൊടുന്നു ഇതാ ഞാൻ കാണുന്നു ഉണ്ട് പക്ഷേ ഉള്ളതും കാണുന്നതും ഒക്കെ ഇപ്പോൾ ഞാൻ സ്വപ്നം കാണുകയായതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഞാൻ ഉണർന്നാൽ ഇതില്ല അത്രയും കാലം ഇതുണ്ട് അതുകൊണ്ടൊന്നും ആകുന്നില്ല ചിന്തക്ക് സാരള്യം വരണം എന്നുണ്ടെങ്കിൽ ഇതിനെ സ്വീകരിച്ച് പറയുന്നതാണ് ശരി ഇതിനൊരു നല്ല ദൃഷ്ടാന്തമാണ് ഗുരുദേവൻ പറയുന്നത് വരയ്ക്കും സ്വപ്നം എന്ന അവസ്ഥയിൽ നിന്ന് ഉണർന്നു വരുന്നതുവരെ സ്വപ്നമാ പൂർവാചാര്യന്മാരെല്ലാം ശാന്തോക്യം ബൃഹദാരണ്യകം പ്രശ്നം ഇതെല്ലാം സ്വപ്നത്തെ ചൂണ്ടിക്കാണിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് സ്പഷ്ടമായി സ്വപ്നത്തെയും ജാഗ്രത്തിനെയും സുശുക്തിയെയും മാത്രമെടുത്താണ് മാണ്ഡൂക്യം നമ്മൾ മുമ്പൂരിക്കി ഇവിടെയും കണ്ടെടുത്തതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പണ്ടെങ്ങോ ഈ നാല് ക്ലാസ് ഓമറ്റായിട്ട് ഇവിടെയും കണ്ട് എടുത്തതാണ് അപ്പോ സ്വപ്നത്തിൽ നിന്നുണർന്നു കഴിഞ്ഞാൽ കണ്ട സ്വപ്നങ്ങളും വിലയം പ്രാപിച്ച് സ്വപ്നൻ കണ്ടവൻ തന്നെയായിട്ടിരുന്നു അതാ ഗുരുദേവൻ പറഞ്ഞത് സ്വപ്നമില്ലാതാവുകയും സ്വപ്നൻ കണ്ടവൻ ബാക്കി വരികയും ചെയ്യും ഉണരുന്നതിന് മുമ്പ് സ്വപ്നമുണ്ട് സ്വപ്നം കാണുന്നവനുമുണ്ട് അതാ ഞാൻ വിചിത്രമായി പറഞ്ഞത് എന്നെ കടുവ വലിച്ചുകൊണ്ടുപോകുന്നത് ഞാൻ കാണുന്നു മനസ്സിലായില്ല കടുവ ഞാൻ ആ കാണുന്ന ഞാൻ എന്നെ ആ കടുവ വലിച്ചുകൊണ്ട് പോകുന്നു കാട്ടിലൂടെ വിചിത്രമായ സ്വപ്നമാണ് സ്വപ്നത്തിന് പ്രത്യേകത സ്വപ്നത്തിൽ സൃഷ്ടി ഗംഭീരമാണ് ഒരാറുമാസം മുമ്പ് ഒരു തള്ളേയും കൊച്ചിനെയും കൂടെ ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കുന്നു ഓസ്ട്രിയോ സർജനയാവിക്കുന്നു കാരണം എല്ലിനൊടിവൊക്കെ പറ്റിയിരിക്കുന്നു തള്ളയുടെ കൊച്ചിൻ്റെ കഴുത്താണെങ്കിൽ ഒരു വശത്തേക്കായിരിക്കും അപ്പൊ എന്താ സംഭവിച്ചത് അവർക്ക് രണ്ടുപേർക്കും അറിയില്ല കൊച്ചിനും തള്ളിക്കും കൊണ്ടുവന്നവനെ വിളിച്ച് പതുക്കെ ഡോക്ടർ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു അത് പറഞ്ഞ് കിടന്നുറങ്ങായിരുന്നു ഡബിൾ കോട്ട് കട്ടിലില്ല ഞാനും എൻ്റെ അപ്പുറത്ത് ഭാര്യ ഇപ്പുറത്ത് കുഞ്ഞുമായിട്ട് കിടന്നുറങ്ങാറ് അപ്പൊ അങ്ങനെയാണല്ലോ നിങ്ങളുടെ കിടപ്പ് വലപ്പഴും സുഖമായിട്ട് കിടന്നുറങ്ങാറ് നല്ല ഉറക്കാരു എന്റെ സാറേ തടിമുഴുവൻ കയറ്റി എടുക്കാൻ മേലാത്ത ലോഡുമായിട്ടാ ഞാൻ ആ വണ്ടി കൊണ്ട് പാലത്തിലേക്ക് കയറാൻ തുടങ്ങും ദാ പരുന്നു എതിരെ ഒരു ഓട്ടോക്കാരൻ അതോ ഒരു ഗർഭിണിയെ മൂന്ന് പിള്ളേരെയും വെച്ചോണ്ടാവുന്നു എന്റെ ദൈവമേ എന്ന് വിളിച്ച് ഞാൻ സ്റ്റിയറിംഗ് എടത്തോട്ടൊന്ന് വെട്ടിച്ച് ബ്രേക്കിൽ ഒന്ന് ചവിട്ടി ദൈവ ഈ പരുവത്തിലായി സ്റ്റിയറിങ് ഇടത്തോട്ടങ്ങ് തിരിഞ്ഞു നല്ലേ ബ്രേക്കിൽ ഞാൻ കാല് വെച്ചതും ഇവിടെ അസ്ഥിയാടിഞ്ഞു സ്വപ്നം സൃഷ്ടിക്കുവോ ഏ ഇന്നുമോലെ അടുക്ക കിടക്കാൻ പേടിയാവും അവർ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നം കണ്ടവനേ ഉള്ളൂ അത് സ്വപ്നമല്ല മുമ്പ് പറഞ്ഞ ഉദാഹരണം പിന്നെയോ സ്വപ്ന ജാഗ്രത് സ്വപ്നം സ്വപ്ന ജാഗ്രത് ജാഗ്രത് സ്വപ്നം ജാഗ്രത് മഹാജാഗ്രത് സ്വപ്ന ജാഗ്രത് ജാഗ്രത് സ്വപ്നം സ്വപ്നം ഇങ്ങനെ പലതും ഉണ്ട് ഘട്ടം സ്വപ്നത്തിൽ എഴുന്നേറ്റ് മരത്തേ കയറും മനസ്സിലായില്ല അത് സ്വപ്ന അല്ല മരത്തിന്റെ നടുക്ക് വരെ എത്തി നിൽക്കുമ്പോരുത്തം വിളിച്ചുണർത്തിയാൽ ഇവന് മുമ്പ് മരത്തിലേക്ക് കയറിയിട്ടില്ല ഇങ്ങി വരും താഴോട്ട് മറ്റേ നമ്മളങ്ങോട്ട് അയച്ച സാധനം വന്ന പോലെ താഴെ വന്ന് അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചേർമ്മ വിളിച്ചോണർത്തൊന്നും ചെയ്യരുത് ഇറങ്ങി വരുന്നവരെ മര്യാദയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ താഴമല്ല നെറ്റുമൊക്കെ കെട്ടിയിട്ടേ വിളിക്കാവൂ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഏ ആ സ്വപ്നാടനം സോമനാമൂലിസം എന്നൊക്കെ പറയുന്നത് ഈ വർഗമാണ് രാത്രി പോയി കുളിക്കും പന്ത്രണ്ട് മണിക്ക് നീന്തും ഉണർന്നാ നീന്തൽ അറിയില്ല ഉണർന്നാ നീന്തലറിയില്ല അതൊക്കെ ഈ വകുപ്പിപ്പെട്ടതാ സ്വപ്നത്തെയാണ് ആചാര്യന്മാർ ഒട്ടുവളരെ സ്ഥലത്ത് പ്ര പിടിച്ചിരിക്കുന്നത് അതിൽ നല്ലൊരു ചിന്ത കിടക്കുന്നത് പ്രശ്നോപനിഷത്തിലാണ് അത്രൈഷ ദേവ സ്വപ്നേ മഹീമാനമനുഭവതി യം ദൃഷ്ടമനുപശ്യതി ശ്രുതം അനശൃണോതിഗന്ധരച്ച പ്രത്യുഭൂതം പ്രത്യുഭവതി ദൃഷ്ടം ച അദൃഷ്ടം ശ്രുതം അശ്രുതം അനുഭൂതം അനനുഭൂതം സർവ പശ്യത്തിന് ശിഷ്യനോട് പറഞ്ഞതിങ്ങനെയാണ് ഇതാ സ്വപ്നം ഇത് ചെറിയ കളിയല്ല ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശേഷത്തിൽ നിന്ന് സാമാന്യത്തിലേക്ക് കടന്നു കയറുമ്പോൾ ആ സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങളും താന്താങ്ങളുടെ പ്രവൃത്തി നിർത്തി ദേവതകളെല്ലാം മനസ്സിൽ വിലയം പ്രാപിക്കുമ്പോൾ ഇന്ദ്രിയാധീന ദേവതകളെല്ലാം മനസ്സിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞ് മനസ്സു മാത്രമായി തീർന്നിട്ട് മനസ്സ് പലതായി തീരുക എന്ന വിഭൂതിയെ കൈക്കൊള്ളുന്നു അതുകൊണ്ടാണ് ഈ മനസ്സ് ബന്ധമോക്ഷങ്ങൾക്ക് കാരണമാണെന്ന് പറഞ്ഞത് ഈ മനസ്സ് പലതായി തീരുക ം കൊണ്ട് ഏതു വാസന ഇന്ദ്രിയ ജനിത അനുഭവ വാസന എങ്ങനെ അനുഭവ ഉൽപ്പന്ന വാസന ഉദ്ബുദ്ധത ഇന്ദ്രിയ ജനിത അനുഭവം ജാഗ്രത് ഇന്ദ്രിയ ജനിത അനുഭവ വാസന സ്വപ്നം ആ വാസന ഉത്ബുദ്ധമാകുമ്പോൾ സ്വപ്നം ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുബുദ്ധമാകുമ്പോൾ അഭാവപ്രത്യാലംബനം നിദ്ര ഇതാ പ്രക്രിയ വെറുതെ കട്ടിലേക്കിടന്ന് ഉറങ്ങുന്നതായിട്ടൊന്നും കാണരുത് അവൻ ഉറങ്ങാണ് കുഞ്ഞുറങ്ങാണ് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ ക്രമമായി അവന്റെ പൂർവ്വപൂർവ്വ വാസനകൾ ഉത്ബുദ്ധങ്ങളായി വരികയാണ് അതിൽ തട്ടി വിളിക്കുമ്പോൾ അവനെ നിങ്ങളുടെ ഇച്ഛയിൽ വലുതാക്കാൻ പോകുമ്പോൾ അവന്റെ ഉത്ബുദ്ധങ്ങളായ വാസനകളെ ക്രമമായി വികസിപ്പിക്കാതെ അതിന് വിപരീതങ്ങളായ ആഹാരങ്ങളെ നൽകുമ്പോൾ പാരമ്പര്യ പ്രചോദിതങ്ങളല്ലാത്ത വാക്കും ഭാഷയും വ്യാകരണവും ആഹാ സാത്മ്യം ആഹാരവും എല്ലാം അവന്റെ തൈജസപ്രക്രിയയിൽ ഏകാന്തത്തിൽ താനൊറ്റയ്ക്ക് തന്റെ വിഭൂതികളെ മുഴുവൻ സമാശ്രയിച്ച് പ്രാണാപാന വ്യാന സമാന ഉദാനന്മാരും ഇന്ദ്രിയ ശക്തികളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും പത്തൊൻപതും ചേർന്ന് വിരചിക്കുന്ന സ്വപ്നലോകങ്ങളെ അനുഭവിക്കാൻ അനുവദിക്കാത്ത അമ്മയും അച്ഛനും അധ്യാപകനും വിവരസാങ്കേതിക വിദ്യകളും അവന്റെ സ്വപ്ന ലോകങ്ങളെ താറുമാറാക്കുമ്പോൾ ജാഗ്രത് വിഭൂതിയിലേക്ക് സ്വപ്നത്തിൽ നിന്നുണർന്നു വരാൻ അനുവദിക്കാതെ ഉണർന്ന അവന്റെ വൈകല്യങ്ങളാണ് നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ കൂട്ടായ്മകളും നിങ്ങളുടെ വിദ്യാസങ്കേതങ്ങളും ഇന്ന് അനുഭവിച്ച് പടഹധ്വനി മുഴക്കി ഗുണ്ടാവിളയാട്ടങ്ങളായിപ്പോലും മാറി മറിഞ്ഞു തീരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് ജാഗ്ര പ്രപഞ്ചത്തിന്റെ ിൽ മാത്രം വിരജിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസ സംസ്കൃതിയുടെ വൈകല്യം മാത്രമാണ് അതിനു കൂട്ടുനിന്ന് അത് തന്തയും തള്ളയും വിവരദോഷികളാണ് വരുന്നില്ല പിന്നെ നിങ്ങളുടെ തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ വേറെ മാർഗം ഉണ്ടായിട്ടാ നിങ്ങളെ ഒരുമാതിരി നേരെയാക്കിയത് അവര് പോയ വഴിയെ പോകാൻ നിങ്ങളും അടിച്ചിട്ട് സാമൂഹ്യ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളുമൊക്കെയായി റിബലുകളും ഒക്കെയായി തന്തയും തല്ലയും നിഷേധിച്ചു വന്നിട്ട് വേറെ മാർഗമില്ലല്ലോന്ന് പൊട്ടിത്തകർന്ന് കപ്പലും മുങ്ങി വെറ്റക്കച്ചവട സമയത്ത് പറയുന്നത് ശരിയല്ല ശരിയല്ല നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നുള്ള മാർഗരേഖകൾ അവർ നിങ്ങളെ കൊണ്ടുപോയതല്ലേ ഉറങ്ങട്ട മോൻ വിളിച്ചുണർത്തണ്ട കുറച്ച് താമസിച്ചു പോയാലും മതി അവൻ ജനിതക സ്മൃതിയുടെ സ്വപ്നങ്ങൾ വിരചിക്കുകയാണ് അവൻ സ്വപ്നങ്ങളും കിടന്ന് ഗാഠസുശുദ്ധിയിലാണ് അവനിലെ ജീവൻ പുത്തന്ന പ്രദേശത്ത് വിശ്രമിക്കുകയാണ് ആകാശത്തിൽ വളരെ ഉയരത്തിൽ പറഞ്ഞ ചക്കിപ്പരുന്ത് ചിറകുതുക്കി തൻ്റെ കൂട്ടിലേക്കെത്തുന്നതുപോലെ ഈ ജീവൻ വിശ്രമസങ്കേതമായ പുത്തിൽ വിശ്രമിക്കുകയാണ് പാർവതി നീ അവനെ ഉണർത്തണ്ട എന്ന് പരമേശ്വരൻ പറയുമ്പോൾ അത് കണ്ടുവളർന്ന നിങ്ങൾ എന്തിന് അസത്തെ എന്ന് വിളിച്ച് കുലിക്ക് വിളിച്ചുണത്തി രണ്ടുകാലും വെള്ളത്തി മുക്കി കൊള്ളിക്കരുതാഴിക മുഴുവൻ പഠിപ്പിച്ച് എട്ടാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് സൈക്കാട്രിസ്റ്റിന്റെ അടുക്കൽ എത്തിച്ചു കൊടുക്കാൻ കമ്മീഷൻ വാങ്ങിച്ചു എന്ന് ഞാൻ ചോദിച്ചാ നിങ്ങളുടെ വിവരക്കേടന്ന് ഉത്തരം ഗുരുദേവ സമാധിയിൽ കാശി മുടക്കി വണ്ടി കയറി വന്ന് ഇതൊക്കെ കേൾക്കേണ്ടി വരിക നിങ്ങളുടെ ഒരു ഗതിഹേട് ഞാനതിന്റെ സങ്കേതം ഒരല്പം വലിച്ചു നീട്ടിയെന്നേ ഉള്ളൂ തിരിച്ചു വന്നാൽ ഈ മനസ്സാ വിഭൂതി ഉണ്ടാക്കുന്നത് മനസ്സു പലതായിത്തീർന്ന് കാണുന്നവനും കാഴ്ചയും കാഴ്ചക്കുള്ള സ്ഥലവുമായി മനസ്സു തീരുമ്പോൾ സ്വപ്നം ഉണ്ടാകും അത് കണ്ടിട്ടുണർന്നാൽ കണ്ടവൻ മാത്രമാവും ഗുരുദേവൻ ഈ ദൃഷ്ടാന്തത്തിലൂടെ ഇതുതന്നെ ജാഗ്രതത്തിലും സംഭവിക്കുന്നത് ഈ ദൃഷ്ടാന്തത്തിലൂടെ ജാഗ്രത് പ്രപഞ്ചം അജ്ഞാനാവസ്ഥയിൽ സത്യമെന്ന് തോന്നിയതു മാത്രമാണെന്ന് അത് ദൃഷ്ടാവിൽ വിലയം പ്രാപിക്കുന്നതാണെന്ന് വിചാരാവസ്ഥയിലില്ലാതാകുന്നതാണെന്ന് വ്യവഹാര സമയത്തുള്ളതും വിചാരത്തിലില്ലാതാകുന്നതുമാണെന്ന് സമർത്ഥിക്കുന്നു മിഥ്യാകൽപിതം